നിങ്ങളുടെ രക്തം നിങ്ങൾ ചൊരിയിക്കരുത് എന്നും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെത്തന്നെ പുറത്താക്കരുത് എന്നും നാം നിങ്ങളുമായി കരാറെടുത്തത് ഓർക്കുക പിന്നീട് നിങ്ങളത് സമ്മതിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു